ബസ് <laughs> പ്രഥമ ലക്ഷണം എന്താണ് ദ്വിതീയം തൃതീയം ചതുർത്ഥം പഞ്ചമം ഷഷ്ടം ഞാൻ ആ വിഷയത്വം എന്ന് പറയുമ്പോ എന്ത് ദോഷം പറഞ്ഞു എന്തുകൊണ്ട് പ്രമാണവിഷയം എന്തും സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ കഥാപ്രവൃത്തി അനുഭവത്തി ചർച്ച വ്യർത്ഥമായി പോകും സംസാരിക്കേണ്ട കാര്യമുണ്ട് അറിയാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത് അറിയില്ലെങ്കിൽ സംസാരിച്ചിട്ട് കാര്യമില്ല സപ്തമ എന്താണ് പ്രശ്നം ഞാൻ അവിഷയത്വേ സരി ഓരോ ഷത്വം ഞാൻ അവിഷയത്വം എന്ന് പറയുന്നത് തന്നെ നിഷേധിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ അവിഷയത്വ വിശിഷ്ട ോഷത്വം നടക്കില്ല ഇനി വിഷയത്വ ശബ്ദം കൊണ്ട് കർമ്മത്വം നടത്തം എടുത്തു കഴിഞ്ഞാൽ എന്താ ദോഷം പറഞ്ഞത് ആ പ്രഭാര ഗുരു പറയുന്നത് മിതി മാതാ മേയം ജ്ഞാനത്തിൽ ഒരേ സമയം മിതി മാതാമേയം അറിവ് അറിയുന്ന വിഷയം അറിയുന്നവൻ ഇത് മൂന്ന് പേരും ഒരേ സമയം ജ്ഞാനത്തില് ഘടവിഷയകാനായ അഹം എന്നുള്ള ബോധമാണ് ഉണ്ടാകുന്നത് ഇതിന് സമൂഹാലംബന ജ്ഞാനം എന്നാണ് അവർ പറയുന്നത് ഇത് വ്യവസായ ജ്ഞാനമാണ് സമൂഹാലംബനം ജ്ഞാനമാണ് ഇതിൽ നിന്നിനൊരു അനുഭവസായത്തിൻ്റെ ആവശ്യമില്ല ഈ ജ്ഞാന ആശ്രയത്വേനഅഹം ആത്മാ അനുഭവക്ഷയമാകുന്നു ഇതാണ് അവരുടെ സിദ്ധാന്തം അപ്പം ഇവിടെ ഞാൻ ആശ്രയത്വേന ആത്മാവ് സിദ്ധമായതുകൊണ്ട് ഞാൻ കർമ്മമല്ലാതെ ഞാൻ കർമ്മമായിട്ട് അവർ സ്വീകരിക്കുന്നല്ല ഞാൻ ആശ്രയമായി സ്വീകരിക്കുന്നു ഇപ്പം എന്താണ് ലക്ഷണം അവിടെ യോജിക്കുന്നുണ്ട് എന്താണ് ലക്ഷണം ഞാനാ വിഷയത്വം എന്ന് വെച്ചാൽ ഞാനാശ്രയത്വേന എന്ത് ചെയ്തു അകർമ്മത്വേന അപരോക്ഷമാണ് അത് അപരോക്ഷമാണെന്ന് സ്വീകരിക്കുന്നുണ്ട് പക്ഷെ എന്ത് സ്വീകരിക്കുന്നില്ല സ്വയംപ്രകാശം രണ്ടും രണ്ടാണ് മുമ്പിലിരിക്കുന്ന ഈ വസ്തു അപരോക്ഷമാണ് പക്ഷെ സ്വയം പ്രകാശമാണ് പ്രത്യക്ഷത്തിന് വിഷയമായാലും അതിനപരോക്ഷം എന്ന് പറയാം എന്ന് വെച്ചാൽ സ്വയംപ്രകാശമാണോന്ന് ഇപ്പോ പ്രഭാകരന്റെ അഭിപ്രായത്തിൽ സംവിധാശ്രയമായി അപ്പോ ഞാന കർമ്മത്വേനെ ലക്ഷണം അവിടെ പോകുന്നു എന്താണ് ലക്ഷണം ഞാൻ അഭിഷേകത്വ സതി അഭിഷേകത്വം എന്ന് പറയുന്നതിന് ഞാൻ അകർമ്മത്വം നടത്തും ഞാൻ അകർമ്മത്വ സതി ഞാൻ ആശ്രയമായതുകൊണ്ടത് ഞാൻ അകർമ്മമായി എന്ത് ഞാനാവിഷയമായതുകൊണ്ട് ഞാനാ ഞാൻ ആവിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ അകർമ്മം ഞാൻ ആശ്രയമായതുകൊണ്ട് ഞാൻ അകർമ്മമായി എന്താണായത് ആണോ എന്താണായത് പ്രഭാകരന്റെ ആത്മാവ് എന്ന് പറയണം അല്ല ആത്മാവങ്ങനെയാവും പ്രഭാകര മതമനുസരിച്ചുള്ള ആത്മാവ് പ്രഭാകരന്റെ ആത്മാവിനെ കുറിച്ചാണല്ലോ പ്രഭാകരൻ പറയുന്നത് അപ്പൊ ഗുരുവിന്റെ ആത്മാവ് എങ്ങനെ ഞാന ആശ്രയമായി അതുകൊണ്ട് ഞാനകർമ്മമായി ലക്ഷണം യോജിക്കുന്നു ഇവിടെ ലക്ഷണം എന്താണ് ഞാന അവിഷയമായി മനസ്സിലാക്കണം ആശ്രയമായത് കൊണ്ട് അകർമ്മമായി അകർമ്മമായതുകൊണ്ട് എന്തായി അകർമ്മമായ എന്തുകൊണ്ട് അവിഷയമായി അകർമ്മമായതുകൊണ്ട് എന്തുകൊണ്ട് അവിഷയമായി ഷയത്തിന് കർമ്മം എന്നർത്ഥമെടുത്താൽ വിഷയത്തിന് കർമ്മവും അർത്ഥമല്ല വിഷയത്തിന് കർമ്മമെന്ന് അർത്ഥമെടുത്തുകഴിഞ്ഞാൽ എന്തുവരും അവിഷയമെന്ന് പറഞ്ഞാൽ അകർമ്മമായി അകർമ്മമെന്ന് പറഞ്ഞാൽ അവിഷയമായി മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അവിഷയത്വം അകർമ്മത്വം മൂന്നാമത്തെ എന്താണ് ആശ്രയത്വം ഇത് ഈ മൂന്നും ഗുരുവിൻ്റെ ആത്മാവിൽ യോജിക്കുന്നുണ്ട് എങ്ങനെ വിഷയ ശബ്ദത്തിൻ്റെ അർത്ഥം കർമ്മമെന്നെടുത്താൽ ഞാൻ അവിഷയം എന്ന് പറയുമ്പം ഞാൻ അകർമ്മമാകും ഗുരുവിന്റെ ആത്മാവ് ഞാൻ ആശ്രയമാകുന്നുണ്ടത് അകർമ്മമായി അപ്പോ ഞാൻ അവിഷയത്വം എന്ന് പറയുന്നത് നേരിട്ടല്ല വിഷയ ശബ്ദത്തിന് കർമ്മമൊന്നർത്ഥപ്പെടുക്കുകയും അവിഷയത്തിന് അകർമ്മം ഒന്നർക്കമെടുക്കുകയും ഗുരുവിന്റെ ആത്മാവ് ഞാൻ ആശ്രയമാവുകയും ചെയ്തതുകൊണ്ട് ഇത്രയും കാര്യങ്ങളും ഓർത്തിരിക്കും എന്തുവരുന്നു ഞാൻ ആ വിഷയത്വം എന്ന് പറയുമ്പോൾ എവിടെ പോയി അത് മാത്രമല്ല അപരോക്ഷമാണ് അത് സ്വീകരിക്കുന്നു കാരണം ജ്ഞാനാശ്രയത്വേന ആത്മാവ് അപരോഷമാണെന്നാണ് അവർ പറയുന്നത് അപ്പൊ അവിടെ ശരിയായി അതിവ്യാപ്തിന്റെ ആശ്രയം അവിടെ അതിന്റെ വ്യാഖ്യാനത്തിൽ വേറെ ഒന്ന് രണ്ടും ദോഷം കൂടെ കൊടുക്കുന്നുണ്ട് അഞ്ചാമത്തന്നെ ഈശ്വരവാദിനകർമ്മതയ അപ്രോക്ഷെ ജഗതി ബ്രഹ്മവിഷയ സംസർഗേച്ച വേദാന്താഞ്ച സാക്ഷി വേദ്യ സുഖാതോ അതിവ്യാപ്തി ഇവിടെ മാത്രമല്ല അതിവ്യാപ്തി വരുന്നു ഈശ്വരവാദികളെന്ന് പറയുന്ന ആരാണ് അവരുടെ അഭിപ്രായം അനുസരിച്ച് ജഗത്ത് ഈശ്വരഞ്ജാനത്തിന് വിഷയമാണോ ഈശ്വരഞ്ജാനത്തിന് വിഷയമാണോ ജഗത്ത് ആണ് എന്തുകൊണ്ട് സർവജ്ഞനാണ് പക്ഷെ അത് കർമ്മമാകുമോ ജഗത്ത് കർമ്മമാകുമോ വിഷയത്തിൽ ഏ വിഷയത്തിന് ആവോ ഞാനകർമ്മോ ജഗത്ത് അകത്തില്ല എന്തുകൊണ്ട് കർമ്മം എന്ന് പറഞ്ഞാൽ പരസവേത ക്രിയാജന്യ പലശാല ഈശ്വരന് ക്രിയുണ്ടോ ഈശ്വരന് ക്രിയുണ്ടാ ില് ക്രിയുണ്ടോ എന്നാണ് ചോദ്യം തർക്കം പഠിച്ചവരടുത്ത് ഉണ്ടോ ഈശ്വരന് ക്രിയ ഇല്ല എന്തുകൊണ്ട് ക്രിയുണ്ടെങ്കിൽ ശ്വും ഈശ്വരൻ നിത്യമാണോ ഏശ്വര ആകാശം ദ്രവ്യമല്ലേ അതിന് ക്രിയുണ്ടോ ദ്രവ്യമാണെങ്കിൽ ക്രിയ വേണോന്ന് നിയമമുണ്ടോ അതെന്താ ഈശ്വരൻ സൃഷ്ടിച്ചോട്ടോ അതിന് ക്രിയ എന്തിനാ ഈശ്വരൻ സൃഷ്ടിക്കുന്നതിന് ഈശ്വരൻ എന്തിനാ ക്രിയ ഈശ്വരന് ക്രിയയില്ല അതുകൊണ്ട് പരസമീത ക്രിയാജിന്റെ ഫലശാലിത്വം ജഗത്തി വരത്തില്ല നിത്യ ആണ് ഈശ്വരൻ നിത്യത്തിൽ ക്രിയ വരാൻ പാടില്ല ക്രിയ ഒന്നാ എന്തരും അത് ഇവിടെ ഈശ്വരവാദിനാ തജ്ഞാന അകർമ്മതയാണ് അപരോക്ഷ ചെയ്തു പക്ഷേ ഈശ്വരന് ജഗത്ത് അപരോക്ഷമാണ് പക്ഷെ കർമ്മമല്ല ജഗത്ത് ഈശ്വരനെ സംബന്ധിച്ച് അപരോക്ഷമാണ് എന്നാൽ കർമ്മം അല്ല ഇവിടെ എന്താ അർത്ഥം പറഞ്ഞത് ഞാൻ അഭിഷയത്വം എന്ന് പറഞ്ഞാൽ ഞാൻ അകർമ്മത്വം എന്തുകൊണ്ട് വിഷയ ശബ്ദത്തിന് കർമ്മം എന്നർത്ഥമെടുത്തു അവിഷയത്വം എന്ന് വെച്ചാൽ അകർമ്മത്വം എന്ന് തോന്നുന്നു അപ്പം ഞാൻ അകർമ്മത്വം എന്നിവിടെ ജഗത്തിൽ വന്നു അപരോക്ഷത്വം വന്നു അപരോക്ഷമാണോ ജഗത്ത് ഇതാണ് ഈശ്വരവാദനജ്ഞാന അകർമ്മതയാപരോക്ഷ ജഗതി അന്വയിക്കണം എന്താണോ അതിവ്യാപ്തി ഭ്രമവിഷയ സംസർഗെ ഭ്രമവിഷയ സംസർഗം യിൽ ഈശ്വര സർവ്വം അറിയുന്ന ആളാണല്ലോ ഇവിടെ ജഗത്തിൽ അതിവ്യാപ്തി വന്നു പറഞ്ഞത് ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ജഗത്തിലെ അതിവ്യാപ്തി വന്നു ലക്ഷണത്തിന് പറഞ്ഞത് ജഗത്തിലെ അതിവ്യാപ്തി എന്ന് വെച്ചാൽ ലക്ഷണം ജഗത്തിലേക്ക് പോകുന്നു ജ്ഞാനി അപരോക്ഷത്വം അത് ഈശ്വരജ്ഞാനവാദികളുടെ പക്ഷത്തിൽ ജ്ഞാന അവിഷയത്വം എവിടെ വന്നു ജഗത്തിൽ വന്നു അപ്രോക്ഷത്വവും വന്നു അതെങ്ങനെ വരും എന്നാണ് ഈശ്വര ജ്ഞാനത്തെ എടുത്തത് ഈശ്വരജ്ഞാനത്തിന് അവിഷയത്വം എന്ന് വെച്ചാൽ അകർമ്മത്വം അല്ല ഇത്രയും പറയുന്നത് ജഗത്തിൽ അതിവ്യാപ്തി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല ജഗത്തിലെങ്ങനെ അതിവ്യാപ്തി എന്ന് പറയുന്നു അത് ജ്ഞാനത്തിന് ജഗത്ത് അകർമ്മവുമാണ് അതേസമയം അപരോക്ഷമാണ് അതെങ്ങനെ ജ്ഞാനത്തിന് അത് അകർമ്മമാകുന്നു പറയുന്ന ഈശ്വരജ്ഞാനത്തിന് അത് അവിഷയമാണെന്ന് വെച്ചാൽ അവിഷയത്തിന് അകർമ്മം എന്ന് അർത്ഥമെടുത്തുകൊണ്ടാണ് അത് വരുന്നത് അകർമ്മമാണ് എന്തുകൊണ്ടത് ഈശ്വര ജ്ഞാനത്തിന് വിഷയമാകുമ്പോൾ ജഗത്ത് അത് കർമ്മമാകില്ല എന്തുകൊണ്ട് കർമ്മലക്ഷണം യോജിക്കത്തില്ല പരസമേത ക്രിയാജന്യ ഫലശാലിത്തോടെ യോജിക്കത്തില്ല അപരോക്ഷമാണോ ാണ് അപരോക്ഷണോ അതിവ്യാപ്തി വന്നു അപ്പൊ അതിവ്യാപ്തി വരുന്നേവിടെ ഈശ്വരത്തിന് എന്തിനു പറഞ്ഞു അതിന്റെ അതിവ്യാപ്തി വിശദീകരിക്കാൻ എങ്ങനെ വരുന്നു കാണിക്കാൻ വേണ്ടി അത് വ്യക്തമായി മനസിലാക്കുന്നു ഇനി ശുക്തിയിലെ രചതം ഞാനുണ്ടായി അല്ലേ അപ്പോ നമുക്കറിയാം ബ്രഹ്മം ഞാനുണ്ടാകുമ്പം ഇതം രജതം മുമ്പിൽ ആണ് രജതം ലേ മുമ്പിലാണ് രജതം അങ്ങനെ ഞാനും ഉണ്ടാവുന്നു മുമ്പിൽ എന്തോ അത് ശുദ്ധിയാണെന്ന് അറിയത്തില്ല എന്തോ അതില് രജതം അബോ ബ്രഹ്മജ്ഞാനത്തിന്റെ വിഷയം എന്താണ് എന്താണ് ബ്രഹ്മജ്ഞാനത്തിന്റെ വിഷയം രജതം അത് മുമ്പിലാണെന്നുള്ള അറിവ് നമുക്കുണ്ടാകും ഉണ്ട് അപ്പൊ രജത സംസർഗത്തെ കുറിച്ച് നമുക്ക് ജ്ഞാനമുണ്ട് എന്തിലാണെന്നറിയില്ല എന്നേ ഉള്ളൂ മുമ്പിലാണെന്ന് അറിയാം <questionate each other> േ അങ്ങനെ ഞാനുണ്ടാകുന്നുകൊണ്ടാണ് നമുക്ക് ഭ്രമം ഉണ്ടാകുന്നത് അല്ലെ രജതം എന്നൊരു ജ്ഞാനം ഉണ്ടായി ഭ്രമമാവോ ഉണ്ടാവോ ഉണ്ടാകത്തില്ല കാരണം സ്മൃതിയാകാം അല്ലെങ്കിൽ രജതത്തിന്റെ പ്രത്യക്ഷമാകാം പക്ഷെ അതൊരു ഭ്രമത്തിന് വിഷയമായി വരുമ്പോ ഇതാ ഇവിടെ എന്ന് ഞാനുണ്ടായിക്കഴിഞ്ഞാൽ എന്താകും എന്താണ് ബ്രഹ്മ വിഷയ സംസർഗം ഞാനുണ്ടാവുന്നു നമുക്ക് ഉണ്ടോ ബ്രഹ്മ വിഷയ സംസർഗം ഞാനും നമുക്ക് ഉണ്ടാവുന്നുണ്ടോ മുമ്പിൽ എന്നുള്ള ഞാനുമാണ് സംസർഗം എന്നുവെച്ചാ ആ ബ്രഹ്മവിഷയത്തിന് മുമ്പിൽ കാണുന്ന വസ്തുവായിട്ടുള്ള സംബന്ധം നമുക്ക് ഉണ്ടാവുന്നോണ്ടാണ് എന്തു പറയുന്നത് എന്നാരെങ്കിലും പറയൂ ഇതം രചതം എന്ന് പറയുന്നത് ്രമമാണ് ശരി ഇതേ സമയം ഈശ്വരൻ എല്ലാം അറിയുന്നതാണല്ലേ ഈശ്വരന് ഇങ്ങനെ ഒരു ഞാനുണ്ടായിരിക്കട്ടെ എന്ത് സംഭവിക്കും ഈശ്വരന് ഭ്രമം വരും ഈശ്വരന് ഭ്രമം വന്നാ പിന്നെ എന്താ കഥ ഈശ്വരന് ഭ്രമം ഉണ്ടാവു ഈശ്വരന് ഭ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പോയി അപ്പോ എന്തുകൊണ്ട് ഭ്രമം ഉണ്ടായിരുന്ന അന്വേഷണം വരും അപ്പോൾ ദോഷങ്ങളാണ് കർണങ്ങളുടെയൊക്കെയുള്ള ദോഷങ്ങളാണ് ഓ അപ്പോൾ ഈശ്വരനും ദോഷങ്ങളുണ്ട് അംഗീകരിക്കാൻ പറ്റുമോ അപ്പോ ജ്ഞാനാവിഷയത്വം എന്ന് പറയുന്നത് ബ്രഹ്മവിഷയ സംസർഗത്തിൽ വന്നു വന്നോ ജ്ഞാനാവിഷയത്വം ബ്രഹ്മവിഷയ സംസർഗത്തിൽ വന്നോ മനസ്സിലായില്ല പറഞ്ഞത് ആ ഈശ്വരന്യാനാ വിഷയത്വം വന്നു ഈശ്വര ഞാനത്തിനും ഒരിക്കലും സംസർഗം ഒരിക്കലും ഈശ്വരത്തിനു വിഷയമാകത്തില്ല അതുകൊണ്ട് തന്നെ ഈശ്വരനൊരിക്കലും രജതജ്ഞാനം ഉണ്ടാകും പക്ഷേ ഇതം രചതം എന്നുള്ള ഭ്രമം ഉണ്ടാകത്തില്ല ്രഹ്മവിഷയ സംസർഗ്ഞന് ഉണ്ടാകത്തില്ല ഈശ്വരൻ ജ്ഞാനത്തെ കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടോ ഈശ്വരൻ സത്യജ്ഞാനവാനാണ് ഈശ്വരന് അജ്ഞാന സംശയ വിപരിയ ദോഷങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകാൻ കല്പിക്കാൻ പറ്റില്ല പറഞ്ഞ പിന്നെ എന്താ ഈശ്വരൻ ആരാ അഹ്മവിഷയ സംസർഗ അതിവ്യാപ്തി എപ്പോ പൂർവത്തോട് അന്വയിക്കണം ഈശ്വരവാദിനെ സംബന്ധിച്ച് താർക്കികന്മാരെയും മറ്റും സംബന്ധിച്ച് ബ്രഹ്മവിഷയ സംസർഗത്തിൽ അതിവ്യാപ്തി ഉണ്ടാകുന്നു ഇനിയുമുണ്ട് ദോഷം ഇതെല്ലാം അറിഞ്ഞിരിക്കണം കാരണം ഇനി മുമ്പോട്ട് വരുമ്പോൾ ഇതിനെയൊക്കെ സാക്ഷിവേദ്യ സുഖാതു അതിവ്യാപ്തി ആ ഈശ്വരൻ അറിയാതെ എന്തെങ്കിലും ഉണ്ടോ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജ്ഞാനം എന്ന് പറയുന്നത് അപരോക്ഷമാണ് ഈശ്വരൻ്റെ ജ്ഞാനം എപ്പോഴും അപരോക്ഷമാണ് അത് വിഷയമാകുന്നില്ലെന്നേ ഉള്ളു ഇവിടെ എന്തൊക്കെ നടക്കുന്നു എല്ലാം അറിയുന്നുണ്ട് എന്നുവെച്ചാൽ എങ്ങനെ ഇപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭ്രമം ഉണ്ടോ ഈശ്വരറിയാതിരിക്കോ അപ്പൊ അത് ഈശ്വരനുണ്ടാവത്തില്ല നിങ്ങൾക്കുണ്ടാവുന്ന ഈശ്വരൻ അറിയും അവൻ ഇപ്പൊ ഭ്രമത്തിലാണ് അതറിയും ഈശ്വരന് സ്വയം എങ്ങനെ അത് ഇപ്പൊ ഇയാൾക്ക് ഭ്രമമാണെന്ന് അറിഞ്ഞാൽ എനിക്ക് ഭ്രമം വരുമോ അത് വരത്തില്ലല്ലോ ബാക്കിയുള്ളവർക്കൊക്കെ ഭ്രമമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഭ്രമം വരത്തില്ല അങ്ങനെയാണെങ്കിൽ എന്തുവരും ഞാനിക്കും തത്വാനുള്ളവന് ശിഷ്യന് ഭ്രമം ഉണ്ടെന്നറിഞ്ഞാൽ എന്തെങ്കിലും ഞാനീ ഭ്രമത്തിലാവും ബ്രഹ്മത്തെ അറിയുന്നുണ്ട് സ്വയം ഭ്രമം ഉണ്ടാവണം അതെ അതറിയാമല്ലോ അതിനെന്താ ദോഷം അത് അവന്റെ ഭ്രമമായിട്ടല്ലേ അറിയുന്നത് തന്റെ തനിക്കല്ലോ അതെന്താ അതെന്നായി പറയുന്ന ദോഷം വരത്തില്ലേ ഒരാളുടെ ഭ്രമത്തെ അറിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഭ്രമം തത്വ്ഞാനിക്ക് ഗുരുവിനും ഗുരുവെപ്പോഴും ബ്രഹ്മത്തിലായിരിക്കും ചുറ്റന്മാർക്കും മുഴുവൻ എപ്പോഴും ബ്രഹ്മമാണ് ഇനി സാക്ഷിവേദ്യ സുഖാദി അതിവ്യാപ്തി അതെങ്ങനെയാണ് അദ്വൈതി സുഖാദികളെ സാക്ഷി വേദ്യമായി ഉള്ളിൽ ഇരിക്കുന്ന സാക്ഷിയുടെ വേദ്യമാണ് സുഖാദികൾ സാക്ഷി വേദ്യമായി സ്വീകരിക്കുന്ന അവിടെ ഈ കരണങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ എഞ്ചിനീയറിംഗ് ഒന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നാൽ അതിനെ അറിയുന്നുണ്ട് അപ്പൊ അത് ആ അതാരുടെ അറിവിന്റെ വിഷയമാണ് സാക്ഷി അവിടെ എന്ത് വരുന്നു അവിടെ ഇതൊക്കെ വരുന്നേപ്പോ അകർമ്മമായിട്ടെടുക്കും കർമ്മമായിട്ട് എടുത്തിട്ട് അകർമ്മമായിട്ടെടുക്കുമ്പോഴാണ് അത് വെട്ടുകളായിരുന്നു അപ്പൊ അവിടെ എന്തു വരുന്നോ സുഖം ഞാന സാക്ഷി വേദിയെന്ന് പറയുമ്പോൾ ഞാനാ കർമ്മമായത് അവിടെയും കർമ്മത്വം വരത്തില്ല എന്തുകൊണ്ട് ആത്മാവില് ക്രിയയില്ലാത്തോണ്ട് ക്രിയാജന്യ പലശാലത്തും സുഖജ്ഞാന ഉണ്ടാകുന്നിടത്ത് വരത്തില്ല അതായത് ഒരാൾക്ക് സുഖത്തിന്റെ ജ്ഞാനം ഉണ്ടാവുന്നു ആ ജ്ഞാനം ഉണ്ടായ ആർക്ക് സാക്ഷിക്കും അപ്പോ അവിടെ പരസമേത ക്രിയാജന്യ ഫലശാലിത്വം അജ്ഞാനത്തിൽ വരത്തില്ല എന്തുകൊണ്ട് സാക്ഷി വേദ്യമായത് കൊണ്ട് സാക്ഷി ക്രിയ ഇല്ല ഈശ്വരൻ്റെ കാര്യം പറഞ്ഞപോലെ തന്നെ ഇപ്പോൾ ഒരിക്കലും അത് കർമ്മമാകുന്നില്ല അകർമ്മമായി എന്ന് പറഞ്ഞാൽ സുഖത്തിൻ്റെ ജ്ഞാനം ഉണ്ടായപ്പോൾ തന്നെ സുഖം അവിഷയമായി സുഖത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ സുഖം വിഷയം തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് അവിഷയമായി കർമ്മം എന്നുള്ള അർത്ഥം വിഷയത്തിനെടുത്തപ്പോ അവിഷയം എന്ന് പറഞ്ഞാൽ അകർമ്മം എന്നർത്ഥമാണ് അപ്പോ അവിടെ എന്തായി അത് അവിഷയമായി അന്ന് അപരോക്ഷമാണത് അത് ജ്ഞാനത്തിന്റെ വിഷയങ്ങളെല്ലാം കർമ്മമല്ല എന്ന് സിദ്ധാന്തമുണ്ടോ ഉം ജ്ഞാനത്തിന്റെ വിഷയങ്ങൾ ഒന്നും തന്നെ കർമ്മമല്ലാ അങ്ങനൊരു നിയമം ഇതിപ്പോ ഇതെല്ലാം പറയുന്നത് ഓരോരുത്തരുടെ പക്ഷമനുസരിച്ച് സാറിന് ജ്ഞാനത്തിന്റെ വിഷയം പറഞ്ഞാൽ കർമ്മമാണ് ഘടം ജാനാമി ഘടം കർമ്മമാണ് ഇതിപ്പോ പറയുന്ന എങ്ങനെയോ പൊതുവായി പറയുന്നല്ല ജ്ഞാനത്തിന്റെ വിഷയം കർമ്മ അല്ലെന്നല്ലോ പറഞ്ഞു സംബന്ധിച്ച് ജഗത്ത് എന്താണോ സാക്ഷി ഭാസ്യമായ സുഖം കർമ്മമാണോ ഈശ്വരന് ബ്രഹ്മവിഷയ സംസാരം കർമ്മമാണോ അതല്ല എന്നുള്ളതാണ് ബാക്കിയുള്ള അടുത്തൊന്നും ഇത് യോജിപ്പിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും വരെ ഇല്ലേ അതിവ്യാപ്തിങ്ങനെ എണ്ണി പറയണോ മൂന്ന് സ്ഥലത്ത് ഈശ്വരൻ്റെ ജ്ഞാനത്തെ സംബന്ധിച്ച് എന്ത് പറഞ്ഞോ അതുതന്നെയാണ് സാക്ഷിയെ സംബന്ധിച്ച് ഞാനാ വിഷയത്വെന്ന് ആദ്യം സിദ്ധാന്തി പറഞ്ഞത് കർമ്മം എന്നുള്ള അർത്ഥത്തിലല്ലോ ആദ്യം ഞാൻ ആ വിഷയത്വേ സതി പരോക്ഷത്വം എന്ന് പറഞ്ഞത് ല്ലോ ആദ്യം പറഞ്ഞത് ഞാനാ വിഷയത്വം വെച്ചുകഴിഞ്ഞാൽ അത് ജ്ഞാനത്തിന് വിഷയമാകുന്നില്ല ചിതാത്മാവ് ഇത് ജ്ഞാനത്തിന് വിഷയമാകുമ്പോഴല്ലേ അദ്വൈതിക ദോഷമുള്ളൂ എന്താണ് യഥോ വാചോ നിവർത്തനം എന്തെയെന്ന് എണ്ണം പറഞ്ഞിരിക്കുന്നുണ്ട് ജ്ഞാനത്തിന് വിഷയമാകരുത് എന്നാൽ അപരോഷമായി അപ്പൊ വിഷയത്വം പരിഷ്കരിച്ച് കർമ്മം പറയുന്നു അപ്പൊ അതിൽ ദോഷം പറഞ്ഞു എങ്ങനെ ഞാൻ ആവിഷയത്വം എന്ന് പറഞ്ഞാൽ എന്താ ദോഷം കഥാപ്രവൃത്തി അനുഭവത്തിന് ജ്ഞാനത്തിന് വിഷയമല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങളതിനാൻ വേണ്ടി പറഞ്ഞു വിഷയം അകർമ്മം ഞാൻ ആവിഷയത്വം എന്ന് പറഞ്ഞാൽ ഞാൻ ആകർമ്മം അതെല്ലാത്തിലും പോവില്ല ഞാനാകർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലേക്കും പോവുകയില്ല വിഷയത്ത് എന്ന് പറഞ്ഞാൽ കർമ്മമാണെന്ന് പറയുകയാണെങ്കിൽ എല്ലാ ജ്ഞാന വിഷയങ്ങളും കർമ്മമല്ലാത്തൊരു അർത്ഥത്തിലേക്ക് പോവുകയില്ലേ വിഷയം വിഷയം എന്ന് പറഞ്ഞാൽ അകർമ്മം വിഷയം എന്നുള്ള കർമ്മം എന്നുള്ള അർത്ഥത്തിൽ എടുത്തിട്ട് ഇതിനെ പരിഷ്ക്കരിക്കാന്ന് ശ്രമിക്കുമ്പോൾ എല്ലാ ജ്ഞാന വിഷയങ്ങളും കർമ്മം എന്നുള്ള ഒരു ഇത് സ്വീകരിച്ചിട്ടില്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എല്ലാ അങ്ങനെ ഇല്ല പറയില്ലേ ഇതൊക്കെ ഓരോരുത്തരുടെ പക്ഷമനുസരിച്ചല്ലേ സ്വീകരിക്കുന്നു ഓരോരോ അദ്വൈതിയുടെ സ്വന്തം നിലയ്ക്കുന്നാണെങ്കിൽ ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ പൂർവക്ഷിയായി വരുന്നത് താർക്കികനും പ്രഭാകരനും ഒക്കെ അല്ലേ അപ്പം അവരുടെ സിദ്ധാന്തമനുസരിച്ച് എങ്ങനെ ദോഷം വരുന്നു അങ്ങനെയല്ലേ പറയാൻ പറ്റൂ അങ്ങനെ ദോഷം പറയുന്നു ആദ്യം പറഞ്ഞത് അദ്വൈതിയുടെ മതമനുസരിച്ച് എങ്ങനെയാ ഞാൻ ആ വിഷയമാണ് വിഷയമേ അല്ല പിന്നെ വിഷയം എന്ന് പറഞ്ഞാല് കർമ്മം എന്നർത്ഥമുണ്ട് അകർമ്മമാണ് ഇങ്ങനെയൊക്കെ അർത്ഥം കൊടുക്കുന്ന മറ്റുള്ളവരുടെ ഇതനുസരിച്ച് ദോഷം പറയാൻ വേണ്ടിയിട്ട് ാഭി സപ്തമ അവിടെ പറയുന്നു അവിഷയത്വ അസംഭവേന നിരസ്ത സപ്തമ ലക്ഷണം ശരിയല്ല വിഷയത്വം എന്ന് പറയുന്നു അവിഷയത്വ സ്ഥിതി അപരോക്ഷത്വം അവിഷയത്വ സ്വ അസംഭവേന അസംഭവമായതുകൊണ്ട് നിരസ്തത്വ അന്ന് നിഷേധിച്ചു കഴിഞ്ഞു വിഷയത്വശബ്ദേന കർമ്മത്വോക്ഷായ ഗുരുമത വിഷയത്ത് ശബ്ദം കൊണ്ട് കർമ്മത്വം എന്നർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ ഗുരുമത അനുസാരികളുടെ ആത്മാവ് എന്നുവെച്ചാൽ ഗുരുവിൻ്റെ പരമ്പരയിൽ പറയുന്ന ഒരു ആത്മാവിനെങ്ങനെയാണ് സ്വീകരിക്കുന്നത് അവിടെ അതിവ്യാപ്യ തസ്യ ഗ്രാഹകത്തെയാ സിദ്ധസ്യ അത് ഗ്രാഹകമായി എന്ന് അതി അത് അവിഷയമാണ് പക്ഷേ അപരോക്ഷ അപരോക്ഷമായി തേരംഗീകാര ദോഷം പറയുന്നയാളിന് എവിടെ ആരുടെ പക്ഷത്തിൽ ദോഷമുണ്ട് അവിടെ കൊണ്ട് ചാടിക്കും നഷ്ടമ പ്രാചീനദോഷ അനുഷംഗ ശുക്തിരജിതാദി സംസർഗെ അഖ്യാതിവാദനാം അതിവ്യപ്തിഥ അഷ്ടമ ലക്ഷണം എന്താണ് വ്യവഹാര വിഷയത്വേനവിഷയത്വം കാരണം ഈ ജ്ഞാനാവിഷയത്വം എന്ന് പറഞ്ഞപ്പോഴല്ലേ കയറി പിടിച്ചത് എന്നാ പിന്നെ നിങ്ങളെന്തിനാ ലക്ഷണം പ്രമാണമൊക്കെ പറയുന്നു പറയുന്നത് ജ്ഞാനത്തിന് വിഷയമാകുന്നില്ല പക്ഷേ വ്യവഹാരത്തിന് വിഷയമാകുന്നുണ്ട് ഞങ്ങളീ പറയുന്നൊക്കെ എന്താണ് വ്യവഹാരമാണ് ശബ്ദം വ്യവഹാരം അനുമാനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യവഹാരമാണ് ആ വ്യവഹാരത്തിൽ നിന്ന് ഞാനുണ്ടാകുന്നു അതിനെ ഒരു വ്യവഹാരമായി കണക്കാക്കിയാൽ മതി ഇത്തരം വ്യവഹാരങ്ങൾക്കത് വിഷയമാണ് എന്നുവെച്ചാൽ ഞങ്ങൾക്ക് അനുമാനം നടത്താം ലക്ഷണം പറയാം അപ്പോൾ വ്യവഹാര വിഷയത്വം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ വിഷയത്വം അംഗീകരിക്കുന്നില്ല അത് ഞാൻ ആ വിഷയത്വം എന്ന് പറഞ്ഞപ്പോൾ വന്ന ദോഷത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് എന്ത് വ്യവഹാര വിഷയത്വവും പക്ഷേ ഈ ത്വം വന്നു കഴിഞ്ഞാൽ അപകടമാണ് അവിടെ എന്തോ ആത്മാവിൽ വ്യവഹാര വിഷയത്വം വന്നു എന്നുവെച്ചാൽ ആത്മാവിൽ നിങ്ങൾ ഒരു ധർമ്മത്തെ സ്വീകരിച്ച് വ്യവഹാര വിഷയത്വം ജോലി നീ വ്യവഹാര വിഷയത്വം മുക്തിദശയിലുണ്ടോ സ്വീകരിക്കാൻ പറ്റുമോ എന്തുകൊണ്ട് ബ്രഹ്മനിർധർമ്മമാണ് അവിടെ വ്യവഹാര വിഷയത്ത് സ്വീകരിക്കാൻ പറ്റില്ല അപ്പൊ മുക്തി ദശയിലുള്ള ആത്മാവിന് അവ്യാപ്തി ദോഷമാണ് നിക്കുമ്പ് വന്ന ദോഷം തന്നെ അവിടെ എന്ത് പറഞ്ഞപ്പോഴാ ദോഷം വന്നത് എന്ത് ലക്ഷണം പറഞ്ഞപ്പോഴാണ് ദോഷം വന്നത് ഏ പോയാ അങ്ങനെ പോയ വ്യവഹാരഹേതുവം പറഞ്ഞു വ്യവഹാരഹേതുവെ സതി എന്തു പറഞ്ഞു പ്രകാശത്വം പറഞ്ഞു അപ്പൊ ചോദിച്ചു ഈ വ്യവഹാര ഹേതുത്വം മുക്തിദശയിലുണ്ടോ എന്ന് ചോദിച്ചു വ്യവഹാരഹേതുവം ില്ല അമ്പ്യാപ്തി അവിടെ ഒന്നും ഇരിക്കത്തില്ല ഇവിടെ എന്ത് പറഞ്ഞു അതിന് വേറെ വ്യവഹാര വിഷയത്വം പറഞ്ഞു വ്യത്യാസമുണ്ട് എന്തായാലും തൊമ്മന്നു ത്വമന്നു കഴിഞ്ഞാൽ ധർമ്മത്തെ സ്വീകരിച്ചു ധർമ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്തി ആദ്യത്തെ ദോഷം ം എന്ന് പറഞ്ഞാ അനുവർത്തിക്കുന്നുടരുന്നു ഇനി അതിനും മുന്നേ തകരാറുണ്ട് ശിക്തിരചിതാദി സംസർഗെ അഖ്യാതിവാദിനാം അതിവ്യാപ്തേശ്ച ശുക്തിരജതാദി സംസർഗേ അഖ്യാതിവാദിനേ വിവാദാസ്പദ പ്രത്യയാ യഥാർത്ഥ പ്രത്യത്വ ഘടാദി പ്രത്യയത് ആരാ പറയുന്നു ഗുരു ഗുരു പറയുന്നു ഇവിടെ ഭ്രമമേയില്ല ഭ്രമത്തെ സ്വീകരിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ടാണോ പറയുന്നു ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഇന്ദ്രിയാർത്ഥ സന്നിവേഷം കൊണ്ടാണല്ലോ ജ്ഞാനം ഉണ്ടാകുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനത്തെ നിങ്ങൾ ഭ്രമമായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഏത് ജ്ഞാനത്തെ വിശ്വസിക്കാൻ പറ്റൂ ഇപ്പം ഈ കാണുന്നു ഇത് ഭ്രഹ്മല്ല എന്നെന്താ ഉറപ്പ് എന്തുകൊണ്ട് ഇത് ഇന്ദ്രിയാർത്ഥ സന്വേഷത്തിൽ നിന്നും അല്ലായാലോ ്രഹ്മ്ഞാനത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞാന് അനാശ്വാസ പ്രസംഗ ജ്ഞാനത്തെ വിശ്വസിക്കാൻ പറ്റാതെ ഇതൊരു വലിയ ദോഷമാണ് ഏത് ഞാനും ഉണ്ടായാലും നമ്മളും സംസാരിക്കരുത് ശരിയാണോ തെറ്റാണോ എന്തുകൊണ്ട് ഇന്ദ്രിയത്തിൽ നിന്നുണ്ടാകുന്ന ഞാനും ബ്രഹ്മമാകാം യഥാർത്ഥമാകാം ബ്രഹ്മണി ്രഹ്മില്ലാണെങ്കിൽ എല്ലാം ഞാനും യഥാർത്ഥം അതാണ് ആദ്യം അനുമാനം പറഞ്ഞത് വിവാദാസ്പദ വി യഥാർത്ഥ പ്രത്യത്വ ഘടക പ്രത്യേകം നിങ്ങൾ വിവാദം ഉണ്ടാക്കിയാണ് ഇത് യഥാർത്ഥമാണ് ഇത് ബ്രഹ്മമാണ് അതാണ് വിവാദാസ്പദമായിരിക്കുന്ന ഈ പ്രത്യയങ്ങൾ ഇതെല്ലാം യഥാർത്ഥം തന്നെയാണ് ഇവരെയും അങ്ങനെയല്ല ബ്രഹ്മം ഉണ്ടാകാം കരണദോഷങ്ങളെക്കൊണ്ട് കരണാദിദോഷങ്ങളെ കൊണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടാകാം മന്ദ അന്ധകാരത്തിൽ രജ്ജു സർപ്പജ്ഞാനം ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് കണ്ട കാഴ്ചയ്ക്ക് തടസ്സം എന്തുകൊണ്ടാണ് തിമിര ഉള്ളവന് ഇതൊക്കെ ഇന്ദ്രിയ ദോഷങ്ങളെ കൊണ്ടുണ്ടാവും പറയുന്നു ഒരു കരണത്തിൽ ദോഷം വന്നാൽ ഒരിക്കലും അത് വിപരീത സ്വഭാവമുള്ള ഒന്നിനും ഉണ്ടാക്കത്തില്ല സാധ്യമല്ല കുടജബീതം ബീജം എന്ന് പറയുന്നത് എലിതന്ന് അതിൻ്റെന്താണ് വടാങ്കുരം ഉണ്ടാകുമോ വടവൃക്ഷം ഉണ്ടാവുമോ കുടച്ച വീഴ് എലി കളിച്ചു അല്ലെങ്കിൽ കുറച്ച് ഉണങ്ങിപ്പോയി അതിന് എന്താ വടവൃക്ഷം ഉണ്ടാകും ഒരിക്കലും ഉണ്ടാകത്തില്ല അങ്ങനെ സംഭവിക്കില്ല ലോകത്തങ്ങനെ കാണുന്നില്ല അസുഖത്തിൽ ഗുരുവിൻ്റെ വ്യക്തികളെ ഖണ്ഡിക്കാൻ വലിയ പിന്നെ എന്താ സംഭവിക്കുന്നത് ആ അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ന്യൂനതയുണ്ടാകും എന്നു വെച്ചാൽ എലികടിച്ച വൃക്ഷത്തിൽ ഒരു ബീജത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനായ കാണത്തില്ല ചെറുതായിട്ടൊക്കെ ഒന്ന് മുളച്ച് വരും നശിച്ചു അല്ലെങ്കിൽ ആരോഗ്യം കാണത്തില്ല അല്ലെങ്കിൽ ഫലം ഉണ്ടാകത്തില്ല ആ കാര്യത്തിൽ ചില ന്യൂനതകൾ വരുമെന്നുള്ള അല്ലാതെ വിപരീതമായ ഒന്നിനും ഉണ്ടാക്കത്തില്ല കാരണം യഥാർത്ഥം ഞാനോ യഥാർത്ഥം ഞാനോ എന്ന് പറയുന്നത് എന്താ രണ്ടും പരസ്പര വിപരീതങ്ങളാണ് അതുകൊണ്ട് ഒരു കാരണവശാലും കരണദോഷം കൊണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടാകത്തില്ല അപ്പം പിന്നെ എന്താണ് സർവേ വിവാദ ആസ്പദ പ്രത്യാഹം യഥാർത്ഥ അതാണ് ഗുരുവിൻ്റെ അഭിപ്രായം അതുകൊണ്ട് ബ്രഹ്മജ്ഞാനമില്ല അത് സ്വീകരിക്കാനേ പറ്റത്തില്ല അല്ലെങ്കിൽ ഇതിന് നിങ്ങൾ സമാധാനം പറയും ഞാൻ കേടായ ഒരു വിത്ത് തരാം കുടച്ച വിത്ത് അതിൽ നിന്ന് നിങ്ങളൊരു വടവൃക്ഷം ഉണ്ടായി കാണി നടക്കൂ നടക്കുന്ന കാര്യം ജീൻ തെറാപ്പിയൊന്നും പറ്റത്തില്ല ജീൻ കേടായാ പറ്റുമോ ഉണ്ടാക്കാൻ ടിഷ്യൂ കൾച്ചർ ഒന്നും കൂടെ അന്യ അംഗീകരിക്കത്തില്ല ടിഷ്യൂ കേടാകുന്ന കാര്യങ്ങളൂടെ പറയുന്നത് കേടാ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ അതാണ് ബീജം നിങ്ങൾ വിചാരിക്കും എന്താണ് എലി കടിച്ചാലും അതിൽ നിന്ന് ഒരു ടിഷ്യൂ എടുത്ത് കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയത് ഉണ്ടാകും അങ്ങനെ നടക്കത്തില്ല ഇപ്പം ജീനിൽ നിന്ന് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ജീന് കേടാവുന്ന കാര്യം ചോദിക്കുന്നു ജീൻ കേടാതെ നിങ്ങൾ എന്തു ചെയ്യും പിന്നെ അതിൻ്റെ ജീൻ അവിടെ നിന്ന് എടുക്കും നടക്കുന്ന കാര്യങ്ങൾ ഗുരുവിഞ്ഞാൽ ഗുരുവിൻ്റെ അടുത്ത് ഒരു അഭ്യാസം എടുക്കും അതുകൊണ്ടാണ് ഗുരുവിനെ ഖണ്ഡിക്കുന്നിടത്ത് വളരെ സങ്കീർണ്ണമാവും ഗുരുവിനെ ഖണ്ഡിക്കുന്നിടത്ത് ഖണ്ഡിക്കാൻ പോകുന്ന വെള്ളം കുടിക്കും എന്നാലും ഒരു സമാനം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റും അതിബുദ്ധിമാനാണ് അതുകൊണ്ടാണ് ഗുരുവിനെ ഖണ്ണിക്കുന്നിടത്ത് പറഞ്ഞു പറഞ്ഞു വരുമ്പോ നമുക്കൊന്നും മനസ്സിലാവത്തില്ല ഇതെന്താ പറയുന്നത് പൂർവക്ഷാന്തേ ഗുരുവ പറഞ്ഞു പറയുന്ന വ്യക്തമാറുതെ അല്ല ഗുരുവെന്ന് പേര് കിട്ടിയത് എല്ലാവരും ഗുരുവെന്ന് വിളിക്കുന്ന എന്തുകൊണ്ടാണ് എല്ലരുടെയും ഗുരുവാ ബാധിക്കാൻ പോകുന്നവേണ്ടി ഗുരുവാണ് ഗുരു സർവരുടെ ഗുരുവാണ് എളുപ്പമല്ല ഗുരുവിന്റെ അടുത്ത് എന്തെങ്കിലും സമാനം പറയാം അപ്പൊ അവിടെ ഒരു ചോദ്യം വരും പിന്നെ എങ്ങനെയായി ഇതം വരെയോന്നുള്ള ഞാനും ഉണ്ടാവുന്നു ഇങ്ങനെ ഒരു ഭ്രമമുണ്ടോ ഇല്ലയോ ഇതം രേതെന്നൊരു ജ്ഞാനം ഉണ്ടാവും അയം സർപ്പ ജ്ഞാനം ഉണ്ടാവുന്നുണ്ടെല്ലാവർക്കും സന്ധ്യാസമയത്തും അന്വേഷിച്ചെല്ലുമ്പോ അവിടെ സർപ്പവും ഇല്ല രജിതവും ഇല്ല ബാധിയും ഉണ്ടാവും അപ്പൊ അതിന് ഗുരു എന്താ അത് വളരെ സ്പഷ്ടമല്ലേ എന്താണോ ഉം ഇതം എന്ന് പറയുന്നത് മുമ്പിലുള്ള വസ്തു അതിന്റെ പ്രത്യക്ഷം രജതം എന്ന് പറയുന്നത് രജത സ്മൃതി രണ്ടും രണ്ടും യഥാർത്ഥ ജ്ഞാനങ്ങളാണ് അയം എന്ന് പറയുന്നത് മുമ്പിൽ കിടക്കുന്നതോ ഒന്നും നമ്മൾ കണ്ടില്ല അതുകൊണ്ട് അതിനു പറയുന്നു കയറാണോ പൂമാലയാണോ ഭൂഛിദ്രമാണോ എന്തുവാകാം എന്താണെന്ന് കണ്ടില്ല അതേസമയം സർപ്പത്തെ സ്മരിക്കുന്നു എന്താ സ്മരിച്ചത് പേടിയുള്ള സ്മരിച്ച് സാദൃശ്യമുണ്ട് മുമ്പേ ഈ വളഞ്ഞു വളഞ്ഞ് കട അല്ലേ കിടന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സാദൃശ്യം കൊണ്ട് എൻ്റെ ഉള്ളിൽ പേടിയുണ്ട് പേടിയെടുത്തുകൊണ്ടിനാണ് വളഞ്ഞ് കിടന്ന എന്തിനെ കണ്ടാലും ിലവിളിക്കും ചെറു എന്ന് വിചാരിച്ചു പിന്നെ തിളങ്ങുന്ന ഒരു സാധനം തിളക്കം കണ്ട് രജതത്തെ അറിയില്ല ലോട്ടറി അടിച്ചെന്ന് വിചാരിച്ചോ വെള്ളിന്റെ ഉള്ളിലെന്തുണ്ട് ലോഭം അതുകൊണ്ട് പെട്ടെന്ന് എന്താണ് സ്മരണ നേരാണ് സംഭവിക്കെതിരെ ഒരുത്തം വരുന്നു പൊക്കെ ഉള്ളു എങ്കിൽ നമുക്ക് പൊക്കമുള്ള ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ആ വരുന്നവനാണെന്ന് വിചാരിക്കും ഭയം കൊണ്ട് മിത്രമാണെങ്കിൽ തിരിച്ച് ഉടനെ സന്തോഷം കൊണ്ട് ഇതൊക്കെ ഉള്ളിലുള്ള വികാരങ്ങളെ കൊണ്ട് തോന്നുന്നതാണ് പക്ഷെ അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താ സ്മൃതിയാണ് അല്ലാതെ അവിടെ ഭ്രാന്തി ി സ്മൃതിയാണെങ്കിൽ രജതം സ്മരാമി സർപ്പം സ്മരാമി അങ്ങനെയല്ലേ ഞാനും ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് സ്മൃതി ഉണ്ടാകുമ്പോൾ എപ്പോഴും തത് രജതം അങ്ങനെയെങ്കിലും ഉണ്ടാവുന്നു ആ രജതം അങ്ങനെ ഉണ്ടാവും സ്മൃതിയെക്കുറിച്ച് തത്ത ഇവിടെ കൂടിയ സ്മൃതിയെക്കുറിച്ച് ഞാനുണ്ടാകത്തുള്ളൂ ആനയെ സ്മരിക്കുന്നു ആ ആന അവിടെ വരാടി വരും അതവിടെ പോയി സ്മൃതിയാണെങ്കി അങ്ങനെ വരണ്ടേ അവരും ഇതെന്താ ഇനി പേടിച്ചിട്ടല്ലേ സർപ്പത്തെ കണ്ടത് ആ പേടി വപ്രാളത്തിനിടയ്ക്ക് അങ്ങ് പോയി ഇത് സമാധാനത്തിലല്ലോ സർപ്പത്തെ കണ്ടത് അവിടെയാണ് ദോഷം പ്രവർത്തിക്കുന്നു ബ്രഹ്മത്തിനല്ല ദോഷം പ്രവർത്തിക്കുന്നു സ്മൃതി അംശത്തിന്റെ പ്രമോഷൻ പ്രമോഷനല്ല പ്രമോഷൻ ത്യാഗം സംഭവിക്കുന്നു എന്തുകൊണ്ട് ദോഷം കൊണ്ട് അതുകൊണ്ട് സ്മൃതിയാണെങ്കിൽ സ്മൃതിയാണെന്നപ്പോൾ തിരിച്ചറിയുന്നില്ല ഭയമില്ലാത്തവനത് കാണുന്നില്ലല്ലോ എന്തെങ്കിലും അതിന് തക്കതായതില്ലെങ്കിലും അത് കാണുന്നില്ല ആ ദോഷം കൊണ്ട് അത് സംഭവിക്കുന്നില്ല ചോദിക്കൂ എന്തുകൊണ്ട് സർപ്പത്തെ സ്മരിച്ചു കേവലം ഭയം കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് ഭയമേയില്ല അത് ഒരു ഭയവുമില്ല ധീരനാണ് ആള് ലോഭമേ സന്യാസി യാൾക്ക് യാതൊരു ലോഭവുമില്ല അയാളും ചിലപ്പോൾ ഇത് കാണത്തില്ലേ സന്യാസിയാണ് അതുകൊണ്ട് ഭ്രമം ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റും അപ്പം എന്താ കാരണം സാദൃശ്യം കിടക്കുന്ന ദിവസമായിട്ട് സാദൃശ്യം ഉള്ളതുകൊണ്ട് സാദൃശ്യം കൊണ്ട് സ്മൃതി വന്നു അവിടെ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയി ഇവിടെയാണെങ്കിലോ മുമ്പിൽ കിടക്കുന്ന വസ്തുവിനെ സർപ്പമായിട്ടും രചിതമായിട്ടും എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല അതാണ് ദോഷമെന്ന് പറയുന്നത് ദോഷം ന്യൂനതയുണ്ടാക്കാം അറിവിൽ അല്ല അറിവിൽ പുതിയൊരറിവിനെ ഉണ്ടാക്കത്തില്ല ന്യൂനത കൊണ്ട് പ്രത്യക്ഷമായിരിക്കുന്ന വസ്തുവിൻ്റെ ഇതമംശത്ത് മാത്രം ഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ചാക്ക തിളക്കം വക്രത രജ്ജുവിൻ്റെ അതൊക്കെ ഗ്രഹിക്കുന്നു എന്തു വരുന്നു പ്രത്യക്ഷവും സ്മരണയും രണ്ടും ഉണ്ടാകുന്നു അഭിചോ അങ്ങനെയാണെങ്കിൽ ഇത് പ്രത്യക്ഷം അത് സ്മരണം അങ്ങനെ രണ്ടായിട്ടാണ് ഞാനും ഉണ്ടാകും ഒന്ന് പ്രത്യക്ഷവും ഒന്ന് സ്മരണീയമാണെങ്കിൽ എന്തുകൊണ്ട് രണ്ട് ജ്ഞാനം ഉണ്ടാകുന്നില്ല ഉദാഹരണം ഞാനിപ്പോൾ ഈ വസ്തുവിനെ കാണുന്നു ഇത് പ്രത്യക്ഷം ഇന്നലെ കണ്ടതിനെ സ്മരിക്കുന്നു അപ്പൊ സ്മരണോ പ്രത്യക്ഷവും സ്മൃതി രണ്ടായിട്ടല്ലേ ഉണ്ടാകൂ ഇവിടെ രണ്ടല്ലോ ഇവിടെ ഇതം രജിതം അയം സപ്പഹ് ഒരു ജ്ഞാനമാണ് ഇതങ്ങനെ സംഭവിക്കുന്നു അവിടെയാണ് ഗുരുവിന്റെ അപാരമായ ബുദ്ധി അതിന് പറയുന്നത് എന്താണ് അസംസർഗ അഗ്രഹം കൊണ്ട് മനസ്സിലായോ ഒരു ജ്ഞാനം ഉണ്ടാകാനുള്ള കാരണം അസംസർഗ അഗ്രഹം ഇത് കൂടിയാ ശരിയാകത്തില്ല